അങ്ങനെ അവൻ തന്റെ അലങ്കാരങ്ങളോടെ തന്റെ ജനതയുടെ മുന്നിലേക്ക് വന്നു ഐഹിക ജീവിതം ആഗ്രഹിക്കുന്നവർ പറഞ്ഞു ഖാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്കും ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവൻ വലിയ ഭാഗ്യവാനാണ്